ഈ വൈരാഗ്യപ്രകരണത്തിൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളെല്ലാം മുമ്പ് പറഞ്ഞതിൻ്റെ ആവർത്തനമാണ് ഉപമകളും പോലും വീണ്ടും ആവർത്തിക്കുകയാണ് ആശയം ആവർത്തിക്കുകയാണ് അതിന് പുതുതായി ഒരറിവ് കിട്ടാനില്ല പഴയകാലത്ത് എഴുത്തുകാർക്കും വൃഥാസ്ഥ വലുതം ഉണ്ടാക്കുക ഇന്ന ആൾക്കാർക്ക് ഗിന്നസ് വേൾഡ് ബുക്കിലൊക്കെ കയറിപ്പറ്റാൻ വേണ്ടി ഒരു അഭ്യാസം നൽകുക അതുപോലെ എഴുതി നിറയ്ക്കുക വലുതാക്കി കൂടുതൽ എഴുതിയാണ് പേര് കിട്ടുക പണ്ടും ഉണ്ടായിരുന്നു അതിന്റെ പിറകെ പോയാൽ സമയം വെറുതെ പോകുന്നുള്ളത് പിന്നെ താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം നമുക്ക് ഇനി പുതിയൊരു വിഷയത്തിലേക്ക് പോകാം മമ്മൂട്ട വ്യവഹാര പ്രകടനം ദ്വിതീയ മാസത്തിന്റെ രണ്ടാമത്തെ പ്രകടനം വൈരാഗ്യക്രമണത്തിൽ ഇനി ഒന്ന് മനസ്സിലാക്കാൻ അതിനൊന്നാമത്തെ സെൽഫ് ഈ പുസ്തകത്തിനാണെങ്കിൽ എഴുപത്തിമൂന്നാമത്തെ പേജ പുസ്തകങ്ങളോ അതായത് ഇങ്ങനെ മൻ തന്റെ വിരക്തിയെ വാക്കുകളിലൂടെ പ്രദർശിപ്പിക്കുമ്പോൾ അത് അറിവും വിരണ്ടും അത് നോക്കാനായിട്ട് ദേവന്മാരും സിദ്ധന്മാരും എല്ലാം അവിടെ വന്നു അസഹസൻ പിന്നെ സംഭവിച്ചതെന്നുള്ളതാണ് അടുത്ത് പറയുന്നത് അപ്പോൾ വിശ്വാമിത്രൻ പറയുന്ന വിശ്വസിക്കുന്ന അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു നിന്നെ കാണുമായിരിക്കും പഴയൊരു കഥ വാങ്ങുമായിരിക്കണം അത് ശിവന്റെ കഥയാണ് ശിവൻ ഇതുപോലെ ആയിരുന്നു ശിവനും ഇതുപോലെ വിലക്കാനായി പിതാവിനോട് ഞാനും ആവശ്യപ്പെട്ടു പിതാവ് ജനകന്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ജനകനും പിതാവ് പറഞ്ഞു തന്നെ ഉപദേശിച്ചും പിന്നീട് സുഹുന്ദരന്മാർ ചിത്തവിശ്രാന്തിക്കും മേരുവർവതക്ക് അതാണ് വാസസ്ഥാനം അവിടെ പോയി പതിനായിരം ലക്ഷം മൃഗികൾക്ക് സമാധിയും ആ കഥയാണ് ഇവിടെ ച കാഴ്ചപ്പാടല്ലേ നിറവികല്പ സമാധി എന്ന് പറയുന്ന കാര്യങ്ങൾ ഭാഷത്തിലും പറയുന്നില്ല പലവണ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പൊതുവെ ഈ ഒരു അദ്വൈതമാണ് പറയുന്നത് പക്ഷേ അവിടെ നിറവികൽപ്പ സമാധി ഇവിടെ വരും യോഗ വേദാന്തം എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുന്നത് ഇതാണ് അദ്വൈതമെന്ന് ഭ്രമിച്ച വലിയ വലിയ ആൾക്കാരുമുണ്ട് കാരണം വാസഷ്ടത്തിൻ്റെ ഒരു പ്രത്യേകത അതിങ്ങനെ കഥകളിലൂടെ നല്ല സാഹിത്യ ഭാഷയിൽ ഒരുപാട് ചമത്കാരങ്ങളോടുകൂടി ഒരുപാട് അർത്ഥവാദങ്ങളോടുകൂടി വർണ്ണനങ്ങളോടുകൂടിയൊക്കെ പറഞ്ഞപ്പോൾ ഇത് ജനങ്ങളെ പെട്ടെന്ന് ആകർഷിച്ചു എന്നുവെച്ചാൽ അദ്ദേഹത്തിൽ താല്പര്യമുള്ള അതുകൊണ്ട് ഇതിന് പ്രചാരം കിട്ടി ഇതിനെ തുടർന്ന് ഇതിനെപ്പറ്റാണ് വിദ്യാലയ സ്വാമികൾ അവരുടെ സിദ്ധാന്തങ്ങളൊക്കെ രൂപപ്പെടുത്തിയത് വിദ്യാലയ സ്വാമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമാണം ആശിഷ്ടമാണ് അതിനൊക്കെ നടന്ന ഒരുപാട് ശങ്കരാചാര്യന്മാർ ഇതിന്റെ പറയുന്നു അതാണ് ഈ ഒരുപാട് പ്രകടനഗ്രന്ഥങ്ങളും അതിലൊക്കെ ഈ നിലവുകൾക്ക സമാധിയിട്ട് വന്നത് അത് പ്രേരകമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അത് പല ബുക്കുകളും ഒരു പത്തിരുന്നൂറ് വർഷത്തിനകം എഴുതിയ ബുക്കുകളാണ് വിദ്യാലയ സമിതി ശേഷമാണ് ശങ്കരാചാര്യന്റെ അദ്വൈതത്തിൽ ഒരു ചെറിയൊരു മാറ്റം സംഭവിച്ചു വാസിഷ്ടം ഒരു അത് വാസിഷ്ടം മാത്രമെന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ ഒരു സൂചന മോണ്ടിക് കാര്യം അത് പിന്നെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടു കൂടെ പറയുന്നു ചിത്രത്തിൻ്റെ വിശ്രാന്തി ഉപശമം ചിട്ടമില്ലാതാവില്ല എന്നുവെച്ചാൽ യോഗികളുടെ അസംപ്രജ്ഞാദ സമാണ് അത് മനസ്സിലാക്കുന്നവർക്ക് ഇത് എളുപ്പം മനസ്സിലാവും അതുകൊണ്ട് ജ്ഞാനം പൂർത്തിയാകും എന്നുള്ളൊരു നിലപാടാണ് നിങ്ങളോട് അർത്ഥവാദ കഥകൾ നിലപാട് വരുമ്പോൾ ഇതിനെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം പിന്നെ മറ്റൊന്ന് ഇതിൽ പ്രധാനമായും വന്ന ഒരു സംഭവം അതൊന്നുമല്ല ശേഖരാചാര്യ സന്യാസത്തിന് വളരെ പ്രാധാന്യമുണ്ട് സന്യാസം കൂടിയേ തരുന്നൊരു നിലപാടുണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നതിനോട് വേണ്ടിയാണ് ഈ വാസം ജന്മനാതന്നെ സന്യാസിയായി സുഖബ്രഹ്മർ ഗൃഹസ്ഥന്റെ അടുത്ത് വിദ്യയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരു ട്വിസ്റ്റ് ആ സംശയം തീർത്തു കൊടുക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തീർത്തു കൊടുക്കുന്നു ഇവിടെ പറയുന്നില്ല അതിനൊരു അംഗീകാരം കൊടുക്കുന്നു എന്നു വേണമെങ്കിൽ പറയാം അതൊരു ഈ ഗ്രഹസ്ഥനെ ഒരു തത്വജ്ഞാനിയാണെന്ന് പൂർണ്ണ മനസ്സോടുകൂടി സങ്കരായർ അംഗീകരിച്ചില്ല ഇനി ജനകൻ സന്യാസിയാണെങ്കിൽ ഒരു ആണെങ്കിൽ അങ്ങനെയാണ് ഈ ശങ്കരായത് സങ്കരായൊക്കെ എന്താണ് സർവകർമ്മ സന്യാസി കൂടിയേ ഉപനിഷത്തിലായിമാരുടെ കഥകളൊക്കെ തന്നെ അർത്ഥവാദം ഒന്നാകും അതൊന്നും നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കണ്ട കഥകളാണ് സന്യാസം നിർബന്ധമാണ് ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ അതുമാത്രമല്ല സന്യാസത്തിലേക്ക് പോകുന്ന അതിനെ പിഞ്ചരിപ്പിക്കുകയും ചെയ്യില്ല അങ്ങനെ സന്ദർഭങ്ങളുമാണ് ഇവിടെ അവസാനം സുഭദ്ര മഹർഷി യുദ്ധവിശ്രാന്തിക്ക് വേണ്ടി തപസ്സിനേണ്ടിയാ പതിനായിരം വർഷം ദിവസം അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ കഥയാണ് കഥയിൽ ചോദ്യമില്ല ഒരാൾ പതിനായിരം വർഷം ജീവിച്ചിരിക്കുന്നു അപ്പോ അത് വേദത്തെ പ്രമാണമായി സ്വീകരിച്ച ശതാബ്ദ നൂറു വർഷമാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് പോത്ത കൂടെ വേദമനുസരിച്ച് അറിയിക്കൂടു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു പിന്നെ അതിനും എന്താണ് ഏതിനും അപവാദങ്ങളുണ്ടെന്നോ പറയാം മനുഷ്യരങ്ങനെയാണെങ്കിലും മനുഷ്യർക്കുള്ള പല വിഭാഗങ്ങളും സുഗന്ധ്രം മർഷിയെപ്പോലെയുള്ള സാധാരണ മനുഷ്യജന്മമുണ്ട് അപ്പൊ ദിവ്യജന്മങ്ങളാണ് അവരും ദേവന്മാരും മറ്റും ദൈവ സംവത്സരം ജീവിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കാം അങ്ങനെയൊക്കെയുള്ള പല കഥകളും അതിൽ കൂട്ടിച്ചേർക്കുന്നു അല്ലെങ്കിൽ പതിനായിരം വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന അഹോരാത്രം പക്ഷം മാസം അയലം വർഷം അങ്ങനെ കണക്കാക്കരുത് ഇത് വേറൊരു കണക്കാണ് ആ കണക്കനുസരിച്ച് പതിനായിരം എന്ന് പറയുന്നത് സാധ്യമാ പതിനായിരം അല്ല പതിനായിരം ആ പതിനായിരം അല്ല ഈ പതിനായിരം അങ്ങനെ വരും എന്തായാലും ഇവിടെ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ രാമനെല്ലാം തന്റെ വൈരാഗ്യമെല്ലാം പൂർണ്ണമായി പ്രദർശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത് വാൽമീകി വാൽമീകി പറയാണ് രാമം അഗ്രഗതം പ്രീത്യ വിശ്വാമി അഭ്യഭാഷിക്കീർഘമായി വളരെയധികം സംസാരിച്ചിട്ടുണ്ടോ രാമൻ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചാൽ പറഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ സമാഗതേഹി അഗ്രഗതം രാമം അവിടെ കൂടിയിരിക്കുന്നവരുടെ അവിടെ മുമ്പ് തുടങ്ങിയപ്പോ വീണ്ടും വന്നു ഒരുപാട് അവരുടെ മുമ്പിൽ അഗ്രഗതനായ വിധം ല ചെയ്യുന്നവനായ ആ രാമനോട് വിശ്വാമിത്ര വിശ്വാമിത്രം പ്രതീക്ഷ വിശ്വാമിത്രം വളരെ സന്തോഷത്തോടുകൂടി പ്രീതനായി രാമന്റെ വൈരാഗ്യം ആദവുമെല്ലാം കൊണ്ട് സന്തുഷ്ടനായി പറഞ്ഞു എന്തു പറഞ്ഞു നരാഘവതവാന്യ ജ്ഞേയം ജ്ഞാനവതാമര സ്വയവ സൂക്ഷ്മയ ബുദ്ധ ശ്രമം വിജ്ഞാതസി രാഘവ ജ്ഞാനവതാംബര അറിവുള്ളവരോ ഏറ്റവും ശ്രേഷ്ഠനായ അല്ലയോ രാഘവ തവ അന്യ വിജയമസ്തു നിനക്കിനി അറിയാനൊന്നുമില്ല നീയെല്ലാം പറഞ്ഞു കഴിഞ്ഞു വിശ്വാമിത്രമിനോട് പറയുകയാണ് സ്വയാവ സൂക്ഷ്മയാ ബുദ്ധിയ സർവം വിജ്ഞാതമാനസ് സ്വന്തം സൂക്ഷ്മബുദ്ധിയൊണ്ട് നീ സർവവും അറിഞ്ഞിരിക്കുന്നു ആത്മീയ തത്വങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു ജ്ഞാനവും വൈരാഗ്യവും എല്ലാം നീ അറിഞ്ഞിരിക്കുന്നു പിന്നെ എന്താണ് കേവലം മാർജന മാത്രം സ്വഭാവം നിത്യം സ്വഭാവമില്ല ജന്മനാ തന്നെ പരിശുദ്ധമായിരിക്കുന്ന സബുദ്ധിമുഖലേ എന്റെ ബുദ്ധിയാകുന്ന മുകുരത്ത് മുകുരം എന്ന് വെച്ചാൽ ദർപ്പണം അതിന്റെ പ്രത്യേകത എന്താണത് പ്രതിബിംബത്തെ ഗ്രഹിക്കുന്ന അതുപോലെ എല്ലാം ഗ്രഹിക്കുന്നതിനു ശേഷിയുള്ള ഒരു മുകുരത്തെ പോലെയാണ് എന്റെ ബുദ്ധി പക്ഷേ കേവലം മാർജന മാത്രം അവിടെ ഒരു അല്പം മാലിന്യമാണ് അത് തുടച്ചു കളയു മനാദേവൽപ്പം ഉപയോഗിച്ചിട്ടേ ഇനി ഉള്ള കാര്യങ്ങൾ നിന്റെ ബുദ്ധിയിലുള്ള വളരെ അല്പമായിരിക്കുന്ന മാലിന്യത്തെ മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾ പൂർണ്ണമാണ് നിന്റെ ബുദ്ധി വളരെ സുഖമാണ് ഇവിടെ ഈ മാർജനാ മാത്രം എന്ന് പറയുന്നത് എന്താണ് അവിടെ വ്യക്തത്തിൽ പറയും അവിശ്വാസം സങ്കരാചാര്യോ പറഞ്ഞു വരുന്ന രീതി അനുസരിച്ചനുസരിച്ച് അത് അവിശ്വാസം സംശയം രണ്ടിലും ഒരിടത്തും ഉണ്ട് കൂടെ ശരി അവിശ്വാസം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലായ്മ വിശ്വാസം ഇല്ലായ്മ വേണം അപ്പൊ അങ്ങനെ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഇതുവരെ ഏറ്റാൻ കഴിയില്ല രാമനെ പോലെയുള്ളവര് ഞാൻ ആ വൈരാഗ്യങ്ങളൊന്നും അവിശ്വാസിയായ ഒരാൾക്ക് നേടാൻ പറ്റില്ല അപ്പൊ ഇനി അവിശ്വാസം എന്ന് പറയുന്ന ഒന്നും മനസ്സിലുണ്ടെന്ന് പറയുന്ന അർത്ഥമില്ല പക്ഷെ ഇവിടെ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അതങ്ങനെ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുന്നത് പോലെ സാധാരണ ഭാഷയിൽ സംശയവും അവിശ്വാസവും ഒരുപോലെയാണ് ഉപയോഗിക്കുന്നത് പരസ്പരം സംഭാഷണം നടന്നു തന്നെ പറയും ഞാൻ നിന്നോട് പറഞ്ഞത് നിനക്ക് അത്ര വിശ്വാസം ഇല്ല അല്ലെ നീ എന്നെ സംശയിക്കുന്നു അല്ലെ എന്ന് പറഞ്ഞാൽ അവിടെ അവിശ്വാസവും സംശയവും ഒന്നാണ് പക്ഷെ ഇവിടെ അദ്വീതത്തിന്റെ വഴിക്ക് ഒന്നല്ല രണ്ടുണ്ടാകും എന്താ വ്യത്യാസം സംശയം സംശയം എന്ന് പറയുന്നത് എന്താണ് അറിവുള്ളവനും സംശയമുണ്ടാകും നിശ്ചയം ഉണ്ടാകുന്നതുവരെ സംശയമുണ്ടാവാം അറിയുന്നവനും നിശ്ചയം ഉണ്ടാകുന്നത് വരെ സംശയമുണ്ടാകാം വിശ്വാസം എന്ന് പറയുന്നതല്ല അറിവ് ആർജിക്കുന്നതിനുള്ള ഒരു സാധനമാണ് സമാധിശക്ക സമ്പത്തിൽ വരുന്ന ശ്രദ്ധ ശാസ്ത്രസ് ഗുരുവാക്യസ് സത്യ ബുദ്ധിയാണ് അത് വേറെയാണ് നമ്മൾ ലോകത്തിൽ പറയുമ്പോഴേ അല്ല ലോകത്ത് പറയുന്ന നല്ല അവിശ്വാസം അവിശ്വാസം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസി ഈശ്വരനെ തന്നെ ഒരു ഉദാഹരണം ഇല്ല എന്ന് വിശ്വസിക്കുന്നവനാണ് നാസ്തിക അപ്പോ ഈശ്വരന്റെ ഒരു ആധി ദൈവികവുമായ അസ്തിത്വത്തെ നാസികം നിഷേധിക്കും നിഷേധിക്കുക പറഞ്ഞാൽ എന്താവുന്നു പറയുന്നു ഈശ്വരൻ അസ്തിത്വം അലൗകികമായ എന്നിട്ടെങ്കിലും ഒന്നിന്റെ അസ്തിത്വത്തിന് യാതൊരു സാധ്യതയില്ല എല്ലാ സാധ്യതകളും അവിടെ നിഷേധിക്കണം അതാണ് അവിശ്വാസം എന്ന് പറയുന്നത് പക്ഷെ ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കാൻ പറ്റും നാസികൾ അംഗീകരിക്കത്തില്ല അതെന്താണ് അയാൾ അവിശ്വാസ്യാണ് എന്നിട്ട് ആധുനിക നാസികന്മാർ പറയും ഞങ്ങളൊരു സാധ്യതയെ അങ്ങനെ നിഷേധിക്കുന്നില്ല സാധ്യത കുറവാണെന്നാണ് പറയുന്നതെന്നൊക്കെ പറയും അത് ഓരോ പുതിയ വ്യാഖ്യാനങ്ങളാണ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ അസ്തിത്വത്തിന്റെ എല്ലാ സാധ്യതകളെയും നിഷേധിക്കും യാതൊരു സാധ്യതയും ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അവർ പറയും ഒരു കെട്ടുകഥയാണ് അങ്ങനെ ഒന്നിനുള്ള യാതൊരു സാധ്യതയും സാധ്യതയല്ലാന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അവരെയും നിഷേധിക്കണം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഇല്ല ഭാവി ഉണ്ടാകാനും സാധ്യതയില്ല ബ്രഹ്മം എന്ന് പറയുന്നത് നാസ്തികന്റെ നിലപാട് അവിടെയാണ് അവിശ്വാസം എന്ന് പറയുന്നത് എല്ലാ വസ്തുവിന്റെ അസ്തിത്വത്തിന്റെ എല്ലാ സാധ്യതകളെയും നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ അപ്പോൾ രാമൻ അവിശ്വാസിയല്ല രാമൻ ബ്രഹ്മത്തെ അംഗീകരിക്കുന്നു ജ്ഞാനത്തെ അംഗീകരിക്കുന്നു മോക്ഷത്തെ അംഗീകരിക്കുന്നു വൈരാഗ്യത്തെ അംഗീകരിക്കുന്നു രാമൻ ജ്ഞാനം കൊണ്ട് അപ്പോൾ രാമൻ ഇത് പലരും ഇടക്ക് പ്രയോഗിക്കാറുള്ളൂ കാരണം ഇത് നിരയാശിമൂല ഗ്രന്ഥത്തിനു വരുന്നു അത് ശരിയായി ചിന്തിക്കാതെ പറയുന്ന സംശയമെന്ന് പറയുന്നത് അങ്ങനെയല്ല സംശയത്തിൽ എന്താണോ ഒരു സാധ്യത അവിടെ സംരക്ഷിക്കപ്പെടും ഉണ്ടാകാം അല്ലെങ്കിൽ ഇല്ലാതാകാം രണ്ടുമുണ്ട് സാണുർവാ പുരുഷ സാണു ആകാം മനുഷ്യനാകാം ആകാതെ ഇരിക്കാം അവിടെ സാധ്യതകളെ നിലനിർത്തുകയാണ് സംശയത്തിൽ അപ്പോ ഒരാൾ അസ്തിത്വത്തെ അംഗീകരിക്കുക ഈശ്വരൻ സബജ്ജനാണ് സഭശക്തനാണ് മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി ഒന്ന് ആളാണ് മനുഷ്യനെ സഹായിക്കുന്ന ആളാണ് മനുഷ്യന് അനുഗ്രഹം ചെയ്യുന്ന ആളാണ് വിശ്വസിക്കുന്ന ഒരാളും ഒരാളുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഈശ്വരൻ മനുഷ്യനെ സഹായിക്കുമോ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടുമോ അവ യഥാവസരം ഈശ്വരനിക്ക് സഹായം കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംശയമില്ല അതിനർത്ഥം അയാൾ അവിശ്വാസിക്കുന്നില്ല കാരണം ഈശ്വരനെ അയാൾ ഉണ്ടെങ്കിലും ഈശ്വരൻ എന്തുകൊണ്ടുതന്നെ സഹായിക്കുക ഈശ്വര എങ്ങനെ ഇതെന്നെ അറിയുന്ന ആളാണോ അറിഞ്ഞാൽ തന്നെ സഹായിക്കുന്ന ആളാണോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ വരാം അപ്പൊ അവിടെ എന്താണ് പ്രത്യേകത ആ അസ്തിത്വത്തിന്റെ സാധ്യതകളെ പാടേ നിഷേധിക്കുകയെല്ലാം അതിനീകരിച്ചുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചും പലത് കാര്യങ്ങളെ സംബന്ധിച്ചും അതാകാമോ അല്ലയോ എന്ന് ചിന്തിക്കുന്നതാണ് സംശയം അപ്പൊ അവിശ്വാസം വേറെ സംശയം വേറെ രാമനൂടെ അവിശ്വാസിയായി പക്ഷെ സംശയമാണ് അതുകൊണ്ടാണ് എന്താണ് വേദാന്ത വിചാരം അതിന്റെ പ്രാഥമിക യോഗ്യത ആയിട്ട് പറയുന്നു അവിടെ ശ്രദ്ധയെ ഉൾപ്പെടുത്തി അദ്വൈതി അവിടെ ശ്രദ്ധ വേണം എന്നു വെച്ചാൽ അയാള് വിശ്വസിക്കുന്നു എന്തിനാ വിശ്വസിക്കുന്നു ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കും ഇവിടെ ഇനി രാമനും പറയും ശിവനും പറയും ശാസ്ത്രം പ്രമാണമാണ് വാക്യാർത്ഥാനമാണ് ഇതെല്ലാം പറയും അവിടെ നിന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് അബദ്ധങ്ങൾ സാറിന് പറയാറുണ്ട് അർത്ഥം ചിന്തിക്കാതെ നമ്മൾ വാക്കുകൾ ഇറക്കി പറയുന്നത് മതപ്രഭാഷണത്തിൽ അത് ധാരാളം മതി കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെയല്ല വാസ്തവം ഇപ്പൊ സാധനയിൽ എന്ത് വേണം ശ്രദ്ധ വിശ്വാസം തന്നെ വേണം ആ ഘട്ടം കടന്നയാളാണ് രാമൻ പക്ഷെ വിശ്വാസമുള്ളവരാണ് സംശയം ഉണ്ടാകില്ല പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അതുകൊണ്ടാണ് ശ്രവണം മനനം മനനം എന്തിനു വേണ്ടിയിട്ടാണ് നിശ്ചയം എന്തിനു വേണ്ടിയിട്ടാണ് സംശയത്തെന്തിരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് മുമ്പോട്ട് റിഞ്ഞു വരുന്നവർ സംശയം കൂടിയും വരാം കുറഞ്ഞും വരാം രണ്ട് സംഭവിക്കും അതറിയുന്ന രീതിക്കനുസരിച്ച് ചിലർക്ക് ഈ വിഷയം കേൾക്കുന്നവർ സംശയം കൂടിക്കൂടി കൂടി വരും ചിലർക്ക് ഈ വിഷയം കേൾക്കുമ്പോൾ സംശയം കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ സംശയം കുറഞ്ഞു കുറഞ്ഞു വന്ന് അത് തീരുന്ന സ്ഥലം എന്ന് പറയുന്നു നിശ്ചയം എന്ന് പറയും രാമൻ പറയുന്ന കാര്യങ്ങൾ രാമൻ ഇടയ്ക്ക് സംശയമുണ്ടത് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണോ അങ്ങനെ അല്ലയോ എന്നാൽ രാമൻ അറിവില്ല അറിവുണ്ട് രാമന് വിശ്വാസമുണ്ട് വിശ്വാസമുള്ളത് കൊണ്ടാണ് തീർത്ഥയാത്രക്ക് പോയി ഒരുപാട് ഋഷിന്മാരുമായിട്ട് സസംഗം നടത്തിയത് ശാസ്ത്രം അധ്യയനം ചെയ്തു അതിലൊക്കെ രാമൻ വിശ്വാസിയാണ് രാമൻ എന്ന് ഓരോ ആത്മീയ സാധകന്മാരുമാണ് കൂടെ അത് പ്രത്യേകിച്ച് രാമനൊന്നും കൂടെയില്ല ഒരു കഥാപാത്രം മാത്രമാണ് രാമന്റെ ലോകത്തേക്ക് ആരും പോകരുത് ഇതിൽ വെറുതെ ഒരു കഥാപാത്രമാണ് ഇതിലെല്ലാ കഥാപാത്രങ്ങളാണ് ഒരു ചിന്തകൻ നിർമ്മിച്ച കഥാപാത്രങ്ങളാണ് ഇനി മുഴുവൻ അതിനപ്പുറം അവിടെ വ്യക്തികളൊന്നുമില്ല അത് മനുഷ്യരെങ്ങനെയാണ് അപ്പോൾ സാധനയുടെ ഭാഗത്ത് ശ്രദ്ധ വേണം തുടക്കത്തിൽ മുന്നോട്ട് ചെല്ലുമ്പോൾ മനനത്തിലൂടെ സംശയത്തെ നിരാകരിക്കുക ഇത് രണ്ട് തലങ്ങളിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയുന്നത് പോലെ അത് മൂലത്തിൽ പല ഭാഗങ്ങളും വരുന്നത് പോലെ എന്താണ് അവിശ്വാസത്തെ മാറ്റുകയല്ല സംശയത്തെ ദൂരീകരിക്കുകയാണ് ഒരാൾ വിശ്വാസിയാണെങ്കിൽ മാത്രമേ അയാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ എന്തുകൊണ്ട് നാസ്തികൻ ഇതിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല അത് വിശ്വാസവും ഇല്ല നാസികൻ തന്നെ വേണമെന്നില്ല ഈ പറയുന്ന അദ്വൈതമാണ് ഒരു വിശിഷ്ടാദ്വീതിയോട് ഇത് പറയുക അയാൾ ഇതിനെ മുമ്പോട്ട് പോകത്തില്ല ഒരിക്കലും അയാൾ യോഗവാസിഷ്ടം ഒരു ശരിയായ വിശിഷ്ടാദ്വീതിയാണെങ്കിൽ കേൾക്കത്തില്ല എന്തുകൊണ്ട് അയാളിത് കേൾക്കാണേ തയ്യാറാകത്തില്ല അയാളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അയാള് വിശ്വാസം അയാളുടെ വിശ്വാസം അതാണ് പ്രശ്നം അപ്പോ വിശ്വാസം അടിസ്ഥാനപരമായി തുടക്കത്തിൽ വരുന്ന അങ്ങോട്ട് എന്ത് സംശയങ്ങളും അപ്പം മനസ്സിലാക്കണം ഇവിടെ വ്യാഖ്യാനത്തിന് വേണ്ടി എഴുതിയിരുന്നത് എതിരാളിനെയും അവിശ്വാസ സന്ദേഹ മാലിന്യ നിരാകരണം എന്നൊക്കെ എഴുതിയിരിക്കുന്നു അത് ശരിയായാലും സന്ദേഹ നിരാകരണമാണ് വിശ്വാസത്തെ ഉണ്ടാക്കിയെടുക്കുക ഇനി അതെല്ലാം മോട്ടെ നമ്മുടെയൊക്കെ തന്നെ ഉദാഹരണം എല്ലാവരും കൂടെ എത്തിച്ചേരുന്നെങ്ങനെ ഒരു വിശ്വാസത്തിലാണ് പക്ഷെ എന്ന് വിചാരിച്ചു ഇന്ന് മനസ്സിൽ സന്ദേഹങ്ങളില്ല സന്ദേഹങ്ങള് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ കിടന്നു പല വിഷയങ്ങളാണ് സംഭവിക്കും അപ്പോ തുടക്കത്തിന് കാരണമായിരിക്കുന്നത് വിശ്വാസമാണ് പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് വരും സംശയങ്ങൾ ഇതാണ് ഈ മാർഗം എന്ന് പറയും രണ്ടും ഇതുപോലെ നാളെ അവിശ്വാസം വേറെയാണ് സന്ദേഹം വേറെയാണ് അവിശ്വാസത്തിൽ ഒരു വസ്തുവിന്റെ അസ്തിത്വത്തിലുള്ള യാതൊരു സാധ്യതകളില്ല സംശയത്തിൽ സാധ്യതകൾ അവശേഷിപ്പിച്ചുകൊണ്ട് ചിന്തിക്കുന്നതാണ് സംശയം അതുകൊണ്ട് നമ്മുടെ വാൽമീൻ പറയുകയാണ് വിശ്വാമിത്രം പറഞ്ഞ ചെയ്താണ് നിനക്ക് കുറച്ച് നിന്റെ സംശയങ്ങളെ സ്വന്തീകരിക്കും അത്രേ ഉള്ളൂ ഭഗവത് വ്യാസപുത്രുഖശ്വതിസ്ഥ വിശ്രാന്തിമാത്രം ഏവ അന്തർജ്ഞാതേയാത്യപേക്ഷതയെ ഭഗവത് വ്യാസപുത്ര ശുഗസ്തവ ഭഗവാൻ വ്യാസന്റെ പുത്രനായ സുഖന്റെ അതുപോലെയുള്ള മതിയാണ് നിനക്കിപ്പോൾ ഉള്ളത് നിന്റെ ബുദ്ധി ശുഖന്റെ ബുദ്ധി പോലെയാണ് ശുഖന്റെ തുല്യമായ രാമനോട് പറയുന്നു എന്താണ് വ്യത്യാസം വിശ്രാന്തി മാത്രമേവ അന്തർജ്ഞാതജേ അപ്യപേക്ഷതയായി മതിയം ജ്ഞാതം ഏതൊരു മതിയാണോ ബുദ്ധിയാണോ അറിയേണ്ടതിന് അറിഞ്ഞു കഴിഞ്ഞത് അതാണ് ജ്ഞാതേയ മതി അങ്ങനെയുള്ള എൻ്റെ ബുദ്ധി അന്തർവിശ്രാന്തി മാത്രം അപേക്ഷത്തെ ജ്ഞാതേയ അതി അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് പിന്നെ രാമൻ വിശ്വാസമില്ലാത്തതാണെന്ന് ആദ്യം ഒരാൾക്ക് വിശ്വാസം വരുമ്പോഴാണ് ആ വഴിക്ക് മുമ്പോട്ട് പോകുന്നത് വിശ്വാസമില്ലാതെ പക്ഷെ സംശയങ്ങളുണ്ടായില്ല അത് മറ്റൊരു കാര്യമാണ് രാമനെ കുറിച്ചുകൂടെ എല്ലാ പറയുന്നത് ജ്ഞാതെയാ മതിയെന്ന് അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞ ബുദ്ധിയാണ് അന്തർവിശ്രാന്തി മാത്രം ഉള്ളിൽ ചിത്തത്തിന്റെ വിശ്രാന്തിന്റെ ഉപശമനം അതാണ് ഇനി വേണ്ടത് എന്നാണ് ഈ ചിത്തത്തിന്റെ ഉപശമനം എന്ന് പറയുന്നതാണ് എങ്ങനെ സംഭവിക്കുന്നത് നിർവികൽപ്പ എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന വാക്കാണ് നിർവികൽപ്പ അത് കുറഞ്ഞ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊന്നുമല്ല ശിവന് സംഭവിച്ച പതിനായിരം വർഷം എന്നാണ് ദീർഘമായ നിങ്ങൾക്ക് സമാധി സംഭവിക്കുന്നതായ ആ ചിത്ത വിശ്രാന്തി എന്ന് പറയുന്ന കാര്യം ഇവിടെയാണ് യോഗം കടന്നു വരുന്നതും ഭാഷ്യത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്ന ഇതാണ് ആ എന്ന് പറയുന്ന ശ്രാന്തിയെ കുറിച്ച് പറയുന്നുണ്ട് ഭാഷകാലം ചെത്ത വിശ്രാന്തി എന്ന് പറയുന്നത് എന്താണ് ഒന്ന് കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുക പ്രധാനമായും ആ ചിന്തകളെല്ലാം ഉപേക്ഷിക്കുക പിന്നെ ശമതമാലിക ഇത്രയാകുമ്പോൾ സന്യാസ വൃത്തിയാണ് അവിടെ എന്താണ് ഈ അറിഞ്ഞ വിഷയത്തിൽ മനസ്സിനെ നിർത്തി മുമ്പോട്ട് പോകുന്നു ചിത്തം ചരിക്കാത്ത നിറവുകൾക്ക് സമാധിയിൽ ഇവിടെ പതിനായിരം വർഷം നിറവുകൾക്ക സമാധി ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിത്തം ചരിക്കുന്നില്ല മറ്റിടത്ത് അങ്ങനെയല്ല ജീവിക്കുന്നു എല്ലാ ദിവസവും ഭിക്ഷാടനങ്ങൾക്ക് ജീവിക്കുകയാണ് എന്നിട്ടെല്ലാ രക്ഷ വാങ്ങാൻ പോകണം ആഹാരം വാങ്ങണം അത് കഴിക്കണം അപ്പോ അവിടെ ചിത്തം വിശ്രമിക്കുകയല്ല ചിത്തം പ്രവർത്തിക്കുകയാണ് ഇവിടെ എങ്ങനെയല്ല വിശ്രാന്തി എന്ന് പറഞ്ഞാൽ ചിത്തം ചരിക്കുന്നില്ല അസംപ്രജ്ഞാത സമാധി അതാണ് ഇവിടെ കൂടുതൽ കൂട്ടിച്ചേർത്തത് ഇതാണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് പിന്നെ ഇന്നത്തെ മനുഷ്യൻ ഈ പറയുന്ന പോലെ പതിനായിരം വർഷം അങ്ങനെ ഇരിക്കാൻ പറ്റും കഥകളിലൊക്കെ ഉണ്ട് നമ്മൾ അറിയുന്ന രേഖപ്പെടുത്തിയ ചരിത്രത്തിലുള്ള മനുഷ്യരെല്ലാം നൂറോ നൂറ്റി ഇരുപത്തിയഞ്ചോ വയസ്സ് വരെയൊക്കെ പരമാവധി ജീവിച്ചിരിക്കും സമാധി എടുത്താലും അതിനപ്പുറം ഒന്നും പലരും പ്രധാനപ്പെട്ട ആൾക്കാരെന്താണ് അതിന്റെ പകുതി പോലും ജീവിച്ചിരിക്കാൻ മരിച്ചുപോയതായിട്ടാണ് കാണുന്നത് ശങ്കരാചാര്യരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് രാമാനുജാചാര്യ നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നു വിതക കഥകളിലേ ഉള്ള ചരിത്രത്തിലല്ല നടക്കത്ത സംഭവിക്കുന്ന കാര്യം പിന്നെ ഇതിനകത്ത് ഒരുപാട് ഇങ്ങനെ അർത്ഥവാദപരമായ സ്തുതിപരമായ ഒരുപാട് കഥകളൊക്കെ വരും അപ്പൊ അതിന്റെ ആശയങ്ങളൊക്കെ ഇരിക്കുക എന്നുള്ളൂ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ കഥ കേൾക്കാൻ രസമുള്ളതാണ് മഹാഭാരത കഥകൾ പോലെയാണ് ആശയത്ത് മാത്ര ശ്രീരാം മുൻവാജി ഭഗവത് വ്യാസപുത്ര ശിവസ്ഥ ഭഗവത് ഭഗവത് കഥ ഭഗവേ പദോന് വിശ്രാന്തം വിശ്രാന്തം ധിയപ്പുലർ ഭഗവിയു ഭഗവത് ഭഗവത്വ്യാസപത്രുവ കഥം ആദ ജേയശ്രാ ധിയശ്രാതം റിഞ്ഞിട്ടും ചിത്തത്തിന് വിശ്രാന്തി വന്നില്ല ചിത്തം ശമിച്ചില്ല ഉദാഹരണം പറയും ചിത്തം ശമിക്കാന്ന് പറഞ്ഞ ആളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നി എങ്ങനെയാണോ അണഞ്ഞു പോകുന്നത് അതുപോലെയാണ് ചിത്തവിശ്രാന്തിയുന്നത് ചിത്തം ഇല്ലാതാകും അതാണ് ചിത്തവിശ്രാന്തി അമ്മീ ഭാവം എന്ന് വെച്ചാൽ എന്താണ് മനസ്സ് മനസ്സല്ലാതായിട്ടുള്ളത് െന്ത് ബ്രഹ്മം മാത്രം ശേഷിക്കുന്നു അതാണ് അമ്മ ഈ ഭാവം കൊണ്ട് ഇതിവിടെ ഈ വ്യാഖ്യാനം ഞാൻ വേറെ രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇവിടെ പറയുന്നതനുസരിച്ച് മനസ്സ് മനസ്സല്ലാതായിത്തീരാന്ന് വെച്ചാൽ പിന്നെ കേവലം ബ്രഹ്മം മാത്രം അങ്ങനെ ഒരു സ്ഥിതിയില് സശരീരനായും പതിനായിരം പക്ഷേ ഇല്ല പറയുന്ന കഥ ഞാനിവിടെ പറയുന്നത് അപ്പോൾ തത്വജ്ഞാനം കൊണ്ട് ചിത്രത്തിന് വിശ്രാന്തി സംഭവിക്കില്ല എന്നാണ് ഇത് ശരിയാണ് തത്വജ്ഞാനം കൊണ്ട് ഈ പറയുന്ന തരത്തിൽ ഉള്ള വിശ്രാന്തി സംഭവിക്കത്തില്ല കാരണം ഞാനെവിടെയാ സംഭവിക്കുന്നത് മനസ്സിൽ തന്നെയാണ് അപ്പോ ജ്ഞാനമുണ്ടെങ്കിൽ അവിടെ മനസ്സ് വേണം അല്ലെങ്കിൽ ഞാൻ എവിടെ നിൽക്കും ബ്രഹ്മത്തിന് ജ്ഞാനമാണ് അപ്പോ വിശ്രാന്തി മനസ്സില്ലാതാകുക തത്വജ്ഞാനത്തിൽ ഒരിക്കലും സംഭവിക്കില്ല തത്വജ്ഞാനിക്ക സംഭവിക്കത്തില്ല അപ്പോ അത് കഴിഞ്ഞ് ഇപ്പൊ രാമൻ തത്വജ്ഞാനിയാണ് വൈരാഗ്യവും ജ്ഞാനും എല്ലാം ഉണ്ട് രാമൻ എന്തെങ്കിലും ഈ കഥാപാത്രത്തിൽ എന്ന വിശ്രാന്തം ആ ചിത്രത്തിൽ വിശ്രാന്തി വരാത്തുകൊണ്ടാണ് ഈ ചോദ്യം പിന്നെ എന്താണ് പുനഃ വിശ്രാന്തം പിന്നീട് ആ ബുദ്ധി കൊണ്ട് തന്നെ വിശ്രാന്തിയെ പ്രാപിച്ചു മനസ്സുകൊണ്ട് തന്നെ മനസ്സിനെ ഉപശംസിച്ചു അതും മനസ്സുകൊണ്ടേ പറ്റും യോഗം എന്ന് പറയുന്നത് എന്താണ് മനസ്സുപയോഗിച്ച് മനസ്സിനെ ഇല്ലാതാക്കുന്ന മനസ്സിന്റെ അസ്ഥിതി അതില്ലാതാക്കുന്ന അതെങ്ങനെ സംഭവിച്ചു അതിന്റെ അവസാനം ഇതിന്റെ സമാധാനം എന്ന് പറയുന്നത് നിരവില്പ സമാധി സംബന്ധിച്ച് പിന്നെ പതിനായിരം വർഷമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു തത്വത്തെടുക്കാനുള്ള കാലഗണന അങ്ങോട്ട് കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്ന എന്താണ് ഒരാൾ പിഞ്ഞി അങ്ങനെ ഒരവസ്ഥയുണ്ടെങ്കിൽ ഇന്നത്തെ മനുഷ്യരുടെ അവസ്ഥയിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം അങ്ങനെ ഒരു ചിത്രത്തിന് പശമം വന്നുകഴിഞ്ഞാൽ മനസ്സ് തിരിച്ച് വരുന്നില്ല എന്നാണ് ഈ വർഷം ഒന്നും ദീർഘകാലം എത്തിക്കുന്നെന്ന് പറയും തിരിച്ച് വ്യവഹാരത്തിലേക്ക് വരുകയാണെങ്കിൽ പിന്നെ ദീർഘകാലം എത്തിക്കാൻ വീണ്ടും ഒന്ന് വ്യവഹാരത്തിലേക്ക് ഈ ദീർഘകാലം വരുന്നത് പിന്നെ ഇവിടെ വ്യവഹാരമില്ല പിന്നെ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ തുടരുകയാണ് സാധിക്കുകയോ സാധിക്കുകയോ എന്നുള്ളൊരു തർക്കവിഷയമല്ല ഇവിടെ ശാസ്ത്ര സിദ്ധാന്തമുണ്ട് അങ്ങനെ ഇരുന്നാൽ പിന്നെ തിരിച്ചു വരുന്നു അപ്പോ ഒരാൾ തിരിച്ചു വന്ന് വ്യവഹാരങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ ഒരു മണിക്കൂർ സമാധിയിരുന്നു തിരിച്ചു വന്നു ഞാൻ തെരഞ്ഞെടുക്ക സമാധിയല്ല അത് മറ്റെന്തോസ് മാറിയ അപ്പൊ അതുകൂടെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പതിനായിരം വർഷത്തിന്റെ കണക്കെല്ലാം പറയുന്നത് പിന്നെങ്ങനെ തിരിച്ചു വരും കാരണം ഒരു മനസ്സ് തന്നെ ഇല്ലാതായി പരിപൂർണ്ണ നിർവൃതിയിൽ ഇരിക്കുന്ന ഒരാളിവിടെ തിരിച്ചു വന്നിട്ട് എന്ത് അതുകൊണ്ട് ധിയാ വിശ്രാന്തം പിന്നീട് എന്ത് ചെയ്തു ആ ബുദ്ധി കൊണ്ട് തന്നെ ദീർഘമായ വിശ്രാന്തി പ്രാപിച്ചു അതെങ്ങനെയാണ് ചോദിക്കുന്നത് അനുവിശ്രാമിപ്പൻ നമ്മളത് കേട്ടിട്ടുള്ള കഥയാണത് ഈ കഥയിൽ ഇത്രയുള്ള വ്യത്യാസം എന്താണ് ജന്മനാ തന്നെ നൈഷ്ഠിക ബ്രഹ്മചാരിയായി തത്വജ്ഞാനിയായിരിക്കുന്ന ശുഗന ഒരു ഗൃഹസ്ഥന്റെ അടുത്ത് പറഞ്ഞുകൊടുക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോ അവിടെ ഈ എഴുതിയാലും ഒരു അജണ്ടയുണ്ട് എന്താണ് സന്യാസിത്തെക്കാൾ കുറച്ചുകൂടി ശ്രേഷ്ഠമാണ് വേറെ എന്ന് പറയുക എന്നൊരു എന്ന് വിചാരിച്ച സന്യാസത്തെ മോശമെന്നൊന്നും കൂടെ പറയുന്നില്ല പക്ഷെ ആ ഒരു കഥയിൽ അങ്ങനെ ഒരു സംഭവം കാരണം ഇപ്പോ ബ്രഹ്മസൂത്രം എഴുതിയ വ്യാസൻ ഇന്നത്തെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ഭാഗവതം വരെ എഴുതിയ വ്യാസൻ എന്ത് അറിവിന്റെ കുറവെന്നാണ് പുത്ര വേറെ നാളടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് വേദത്തെ വ്യസിച്ചാണെന്നെങ്കിൽ പറയും എന്തെങ്കിലും കുറവാണോ യോഗത്തിലോ എന്തിന് യോഗത്തിന് പോലും ഭാഷ എഴുതിയിരിക്കുന്നത് ഇതേ വ്യാസനെന്നു പറയും ആ വ്യാസൻ സ്വന്തം മകന വേറെ ആളെ പറഞ്ഞു കൊടുക്കുകയാണെന്ന് പറഞ്ഞു ഇനി ആ പറഞ്ഞു വിട്ടത് ഇവിടെത്തന്നെ പറയുന്നുണ്ട് തന്റെ ശിഷ്യന്റെ വ്യാസന്റെ ശിഷ്യനാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇത് വന്ന് മഹത്വപ്പെടുത്താൻ വേണ്ടി അങ്ങനെ എഴുതിയ അതിന്റെ ആവശ്യം വരുന്നില്ല കാരണം ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നു വിശ്വത ബ്രഹ്മർഷി എല്ലർക്കും ഇനി അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന് വിശ്രാന്തി വേണമെങ്കിൽ നിർവ്യൽപ്പ സമാധി എന്നുള്ള കാര്യം അറിയാത്ത ആളല്ല ഇനി ഇനി പോയി ഉപദേശം നമ്മളൊരു സൈക്കിള് പഠിക്കാൻ പോവുകയാണെങ്കിൽ സൈക്കിള് അറിയാവുന്ന ഒരാളുടെ അടുത്തല്ലേ പോയി പഠിക്കും അറിയാത്ത ഒരാളുടെ അടുത്ത് സൈക്കിള് പഠിക്കാൻ പോകും അപ്പം നിർവ്യൽപ്പ സമാധി പഠിക്കാൻ പോകുന്നെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ അടുത്തല്ലേ പോകാൻ പറ്റും ജനങ്ങൾ നിർവേല്പ സമാധിയിരിക്കുന്ന ആളാണോ രാജ്യം ഭരിക്കുന്ന ആളാണ് പിന്നെ അവിടെ പോയിട്ട് എന്താ നിർവേൽപ്പ സമാധി പഠിക്കാൻ അങ്ങനെ ചില വൈവിധ്യങ്ങളുണ്ട് കഥയായോട്ട് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല അപ്പോ എന്താണ് വേര് പർവ്വതം എന്ന് പറഞ്ഞാൽ തപസികളുടെ സ്ഥാനം ആ തപസ്സികളുടെ സ്ഥാനത്തിലിരുന്ന അവിടെ നിന്ന് ഇറങ്ങി ജനമധ്യത്തിലേക്ക് വന്നു ആ പട്ടണത്തിലേക്ക് വന്നു ജനകത്തിരിയിലേക്ക് വന്നു വന്നിട്ട് പിന്നെ ആ പട്ടണമധ്യത്തിലിരിക്കുന്ന ഒരു സാധാരണ ഗ്രഹസ്ഥനില് നിന്നും ഉപദേശം ചെയ്തിട്ട് പിന്നെ തപസ്സിന് പോയി എന്നൊക്കെ പറയുന്ന ഒരു വളച്ചുകെട്ടി കഥയാണ് ആ കഥയിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉൾക്കൊള്ളാനൊന്നും ഇല്ല ഇപ്പൊ പറയുന്നതുപോലെ ധരിക്കുന്നതുപോലെ ശിവബ്രഹ്മർഷി എല്ലാ ജ്ഞാനവും നേടിയാണ് അതുപറഞ്ഞ ജന്മന നേടിയ ആളാണെന്നൂടെ പറയും അങ്ങനെയാണെങ്കിൽ ചിത്തവിശ്രാന്തിക്ക് നിങ്ങൾക്ക് സമാധി ആണ് വേണ്ടതെന്നും അതെങ്ങനെ ചെയ്യണമെന്നും ഒക്കെ സ്വന്തം പിതാവിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ ആളാണ് യോഗവും ഈ കഥയ്ക്ക് അർത്ഥവും ഇത് കൃത്രിവുമായി ഉണ്ടാക്കിയ ഒരു കഥയാണ് കഥയിൽ ഒരുപാട് ഊന്നൽ കൊടുക്കേണ്ട കാര്യമില്ല സംഭവം എന്താണ് വേദാന്തവും യോഗവും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ സംഭവം ശരിയാണ് ശുഭബ്രഹ്മ ജ്ഞാനം ഉണ്ടായി പക്ഷെ ചിത്തവിശ്രാന്തി ഉണ്ടായി ചിത്ത വിശ്രാന്തിക്ക് വേണ്ടി നൃവികൾക്ക് സമാധി രണ്ട് ശാസ്ത്രങ്ങളെ കൂട്ടി യോജിപ്പിക്കുകയാണ് യോഗത്തെയും അദ്ദേഹത്തിൽ അത് ശരിയാണ് കഥയിൽ കഴമ്പത വിശ്വാമിത്രവുമായ ആത്മോദന്തസമം രാമ കഥ്യമാനമിതമ്മയാശതു വ്യാസാത്മജോദന്തം ജന്മനാം അന്ധകാരണം ആത്മോദന്തസമം രാമ നിന്റെ കഥ പോലെ തന്നെയാണ് ഹേ രാമ നിന്റെ കഥ പോലെ തന്നെയാണ് ശിവന്യ അതിലും ഒരു ഇതിലും ഒരു പ്രത്യേകതയുണ്ട് രാമൻ ഇവിടെയും കാണിക്കുന്ന രാമൻ വിദഗ്ധനായി ശാസ്ത്രങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ അഭ്യസിച്ചു തീർത്ഥയാത്രയ്ക്ക് പോയി അത് സ്വന്തം തീരുമാനമാണ് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ അനുവാദം വാങ്ങുകയാണ് ദശരഥനോട് പോയി ചോദിക്കുന്നു ദശരഥം മദർശം ചോദിക്കുന്നു പയ്യനാന്നാണ് ആഗ്രഹം ഈ പോയിട്ട് വരട്ടെ കുട്ടികളൊക്കെ എസ്കർഷന അപ്പൊ അവിടേക്ക് എന്താണ് രാമന്റെ തീരുമാനങ്ങളാണ് എല്ലാം അത്രയും വിവേകമുള്ള ആളാണ് ഇവിടുത്തെ രാമൻ ആ രാമൻ എൻ്റെ ചെയ്തു പോയി പോയിട്ട് പോയിട്ടെന്താ ചെയ്തത് ഒരുപാട് മഹർഷിമാരുമായിട്ട് സത്സംഗം നടത്തി തത്വക്കത്തെ എല്ലാം ശരിയായി ഗ്രഹിച്ചു സത്സംഗം എന്ന് പറയുന്നത് എന്താ ഇത് കേട്ടോ മനസ്സിലാക്കുന്നു അവ ചിത്തവിശ്രാന്തിക്ക് എന്താണ് ഉപായം ഇതൊക്കെ മനസ്സിലാക്കി നിർവേൽപ്പ സമാധികം അതൊക്കെ ഇടയ്ക്ക് രാമൻ സൂചിപ്പിക്കുന്നുണ്ടാകാൻ മുമ്പ് തന്നെ ്രഹ്മത്തെക്കുറിച്ചും വിശ്രാന്തിയെക്കുറിച്ചും എല്ലാം പറയുന്നു ഇതെല്ലാം അറിഞ്ഞു വന്ന രാമന് ഇവിടെ പിന്നെ എന്താ ചെയ്യുന്നത് വീണ്ടും ഒരു ഗ്രഹസ്ഥനെ കൊണ്ട് ഉപദേശിച്ചു അതാണ് അതിഷ്ടം ഗ്രഹസ്ഥനാണ് അപ്പൊ ഇതിന്റെ അകത്ത് ഒരു അചന്റെ ഉണ്ട് ഗ്രന്ഥ വഴിയാകെ താല്പര്യമാണ് അപ്പൊ അങ്ങനെ വിദഗ്ധനായ ഒരാളെ ഒരു ഗൃഹസ്ഥനെക്കൊണ്ട് ഉപദേശിപ്പിച്ചിട്ട് സന്യാസത്തിന് പോയ ഒരാളിനെ എന്താക്കുന്നു ഗ്രഹസ്ഥനാക്കുന്നു അതാണ് കഥ അവത്മ ഉദന്തസം നിന്റെ കഥ പോലെ തന്നെയാണ് ശിവന്റെയും കഥ ശിവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു ചിലടത്തൊക്കെ ചിലടത്തില്ല ശിവൻ നൈഷ്ഠിക ബ്രഹ്മചേരിയാണെന്നും പറയുന്നു കഥ്യമാനുതമായ ഞാൻ പറയാൻ പോകുന്ന ഈ കഥ നിന്റെ കഥ പോലെ തന്നെയാണ് ശുണു വ്യാസാത്മജ് ഉദന്തം വ്യാസന്റെ പുത്തനായ ശുഭന്റെ ആ കഥ നീ കേൾക്കുക ജന്മനാ അന്ധകാരണം ജന്മ ജീവിതം മരണം വിധ സംസാരം അതിന്റെ നാശത്തിന് കാരണമായി ഇന്ന് ആ കഥ നീ കേൾക്കുക എന്ന് പറയുക ഇനി അങ്ങോട്ട് കഥകളാണ് കഥകളിലൂടെ ഈ കാര്യങ്ങൾ ഈ കഥകളിലൂടെ പറയുന്നു എന്ന് കുറച്ചുകൂടി ഒരു ആകർഷക പക്ഷെ ആ കഥകളെ ചരിത്രമായിട്ട് എടുക്കരുത് കഥകൾക്ക് മഹത്വം കൽപ്പിക്കരുത് മറിച്ച് ആശയങ്ങൾ മാത്രം എടുക്കുക കഥകളിൽ അതെയാണ് അതിന് ചോദ്യം വേണ്ട ആ ക്ഷേത്രം മാത്രം സ്വീകരിക്കുക ഈ വ്യാസന്ത എവിടെ എവിടെയിരിക്കണം ഇവിടെ തപപിതാർശ്വര പിതാവായ ദുശനന്റെ അടുത്തിരിക്കുന്ന ആ വ്യാസൻ ഹേമവിഷ്ഠലേ സുവർണപീഠത്തിൽ അഞ്ജനശീലാഭോ അഞ്ജനശീലത്തെ പോലെ സുന്ദരനായ വ്യാസൻ കർമ്പനം സുന്ദരനുമാണ് അഞ്ജനശൈല അഞ്ജനം തർത്ത സുന്ദരനായ അയം വ്യാസ ഭഗവാൻ സ്വയം ഭാസ്കരദ്വിതി ആദിത്നെ പോലെ ശോഭിക്കുന്നവനാണ് കർപ്പണം പക്ഷേ സുന്ദര ഇരിക്കുന്നുണ്ട് അസ്യാഭോ ഇന്ദുവതനസ്തനയോ നയകോവിദ സുഹവും നാമ മഹാപ്രാജോ യജ്ഞോ മൂർത്തിയവ സുസ്ഥിത അസ്യാഭോ അങ്ങനെയുള്ള ആ വ്യാസ മഹർഷിക്ക് ഇന്ദുവതന സുന്ദരനായ നയകോവിദ എല്ലാ ശാസ്ത്രങ്ങളിലും പണ്ഡിതനായവൻ നയൻ ശാസ്ത്രം സർവശാസ്ത്രങ്ങളിലും പണ്ഡിതനായവൻ കോവിതൻ മഹാപ്രാജ്ജ്ഞാനി യജ്ഞമൂർത്തിയ യജ്ഞമൂർത്തിമത് ഭാവത്തെ പ്രാപിച്ചു യജ്ഞം ഒരു മനുഷ്യ സ്വരൂപത്തെ പ്രാപിച്ചതുപോലെ കാരണം അന്ന് ആ കാലഘട്ടത്തിൽ ഏറ്റവും ദല്യമായ കർമ്മം എന്ന് പറയുന്ന യജ്ഞമാണ് അതുകൊണ്ടാണ് യജ്ഞം മനുഷ്യരൂപത്തിൽ പ്രാപിച്ചതിനെ പോലെ ചോദിച്ചാൽ അതിന് മനസ്സിലാക്കുന്നത് യജ്ഞത്തിന്റെ സർവ്വരഹസ്യങ്ങളും അറിഞ്ഞവൻ യജ്ഞമാണല്ലോ ശ്രേഷ്ഠമായ കാരണം അതിന്റെ എല്ലാ രഹസ്യങ്ങളും എന്താണ് നല്ല ദൃഢതയുള്ളവൻ ഉറച്ചിരിക്കുന്നവൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാത്തിലും ആചാര വിചാരങ്ങളെല്ലാം സ്ഥിരതയുള്ളവനായ ഒരു പുത്രൻ അഭൂ ഉണ്ടായി അങ്ങനെ ഒരു പുത്രനുണ്ടായി വ്യാസന് പ്ര വിചാരയു ലോകയാത്ര അലം ഇമാം ഭ വിവേകൂദയം അലം വിചാരേത ഈ ലോകയാത്രയിൽ സംസാരത്തോട് അലംവിചാരയത പര്യാപ്തമായി വിചാരം ചെയ്ത ആശുതന് തവൈവ പിന്നപ്പോലെ തന്നെ താതി അവനും ഹൃദി വിവേക ഉദഭൂ അയം വിവേക ഉദഭൂ നിന്നിൽ ഉണ്ടായതുപോലെയുള്ള വിവേ അയം വിവേകം നിന്നിലിപ്പോൾ എന്ത് വിവേകമാണോ ഉണ്ടായത് അതുപോലെ ഉള്ള വിവേകം അവന്റെ ഉള്ളിലും ഹൃദയ അഭൂണ്ടായി രണ്ടുപേരും ഇവിടെ തുല്യമായിട്ടാണ് പറയുന്നത് രാമന്റെ ഉള്ളിലിപ്പോൾ എന്ത് വിവേകമാണോ ഉണ്ടായത് ഇതേ വിവേകം തന്നെയാണ് സുഖബ്രഹ്മർഷിയുടെ ഉള്ളിലും ഉണ്ടായത് എങ്ങനെ ഉണ്ടായിരുന്നു അലംപ്രവിചാര വിചാരം കൊണ്ടുണ്ടായി രാമനിലും രാമൻ പ്രകടിപ്പിക്കുന്നതെല്ലാം എന്താണ് വിവേകമെന്ന് പറയുന്നത് തന്റെ വിചാരത്തെ പ്രകടിപ്പിക്കുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് ശിവബ്രഹ്മർഷിയോനാണ് വ്യാസന്റെ പുത്രനാണ് സ്വാഭാവികമായിട്ടും പിതാവിൽ നിന്ന് തന്നെ സർവ്വശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്യുക എന്നാണ് അതാണ് നയഗോവിന്ദനാണ് രാമനോതുപോലെ തന്നെ പറയുന്നു എല്ലാ ശാസ്ത്രങ്ങളും അധ്യയനം ചെയ്ത് കഴിഞ്ഞു അതിനുശേഷമാണ് അപ്പോൾ പിന്നെ വിവേകമുണ്ടാകാം അപ്പോ തേന അസൗ സ്വവിവേകന സ്വയമേവ മഹാമനുചായ് ചിരംചാരുസം തഥവാൻ അതുകൊണ്ട് അസൗ ഈശുഖന് സ്വവിവേകന തന്റെ വിവേകം താൻ സമ്പാദിച്ച വിവേകം വിചാരം കൊണ്ട് സമ്പാദിച്ച ആ കൊണ്ട് സ്വയമേവ മഹാമനാഹ വലിയ മനസ്സുള്ളവൻ എന്ന് വലിയ അറിവുള്ളവനായ ഈശ്വരൻ പ്രവിചാരിയ നല്ലവണ്ണം വിചാരം ചെയ്തിട്ട് ചിരം പ്രവിചാരി വളരെ കാലം വിചാരം ചെയ്തിട്ട് ബാല്യകാലം മുതലിനെ കുറിച്ചെല്ലാം ചിന്തിച്ചിട്ട് സുന്ദരമായ സത്യത്തെ മനോഹരമായ സത്യം അതിന് അവാപ്തവണറിഞ്ഞു ചരുന്നിച്ച സുന്ദരവും മുഖ്യമായ സുന്ദരമായ സത്യം ബ്രഹ്മതത്വം അതറിഞ്ഞു അപ്പോ ഇപ്പൊ രാമനെ പോലെ തന്നെ രാമനും ബ്രഹ്മതത്വത്തെ അറിഞ്ഞിരിക്കുകയാണ് ശിവനും ബ്രഹ്മതത്വത്തെ അറിഞ്ഞിരിക്കുകയാണ് എങ്ങനെ അറിഞ്ഞു വിചാരങ്ങൾ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് അറിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി ശേഷിക്കുന്നത് ചിത്തവിശ്രാന്തിയാണ് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു എന്താണ് തത്വത്തെ അറിഞ്ഞവർ വിശ്വാസമില്ല എന്ന് പറയുന്നതിന് വിശ്വാസമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങളാണ് അത് തുടക്കത്തിൽ വേണ്ട കാര്യങ്ങളാണ് അവിശ്വാസം ഇല്ലാതാക്കുന്നു പറയുന്നൊരു അർത്ഥമല്ല പക്ഷെ ശുഭബ്രഹ്മഷി സംശയമാണ് എന്താണ് സംശയം ഈ തത്വത്തെ കുറിച്ചൊരു സംശയമില്ല അതറിഞ്ഞു കഴിഞ്ഞു പിന്നെന്താണ് സംശയം ചിത്തവിശ്രാം ഈ ചിത്തം ഇനി എങ്ങനെ ശമിക്കും എന്നൊന്നാണ് ബ്രഹ്മതത്വം എന്താണെന്ന് അറിഞ്ഞു ചിത്തത്തെ ഇല്ലാതാക്കും അതങ്ങനെ അതാണ് സംശയം അപ്പോൾ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഭാഷകാലം പറയുന്ന അനുസരിച്ച് എന്താണ് ബ്രഹ്മ തത്വത്തെ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിത്തത്തിന്റെ വിശ്രാന്തി എന്ന് പറയുന്നത് തത്വജ്ഞാനന്ദൻ തത്വജ്ഞാനത്തിനപ്പുറം ചിത്ത വിശ്രാന്തി എന്ന് പറയുന്ന ഒന്നില്ല എന്തുകൊണ്ട് കാരണം അവിടെ ചിത്തത്തിനും ബാധ സംഭവിച്ചിരിക്കുന്നത് ചിത്രത്തിനും ബാധ സംഭവിച്ചു പ്രപഞ്ചത്തിനും ബാധ സംഭവിച്ചു ദേഹാദിപ്രപഞ്ചത്തിനും ബാധ സംഭവിക്കുമ്പോൾ ചിത്രം എന്ന് പറയുന്നു ദേഹമാണ് സൂക്ഷ്മ ശരീരമാണ് അതിനും ബാധ സംഭവിച്ചത് ഇനിയും അത് ബാധ സംഭവിച്ചാലെ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല അസത്യംന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അസത്യമായി ഒന്നിനും നശിപ്പിക്കേണ്ട കാര്യം ഇല്ല ഇനി അത് സ്വാഭാവികമായും നശിക്കുന്നെങ്കിൽ അത് വിരോധമില്ല എങ്ങനെ സ്വാഭാവികമായും നശിക്കും സുഷൃപ്തിയിൽ നശിക്കുന്നു നമ്മുടെ അനുഭവത്തെ നശിപ്പിക്കാൻ വേണ്ടി എത്തിക്കേണ്ട ആവശ്യം എന്റെ മരണത്തിൽ എന്തായാലും നശിക്കും പിന്നെ നശിപ്പിക്കണ സമാധിയെ നശിപ്പിക്കണം അപ്പോൾ സമാധി ചിത്തത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി അയാളൊരു യത്നം ചെയ്യുന്നില്ല എന്തുകൊണ്ട് അത് പക്ഷുകാരൻ പറയുന്നതനുസരിച്ച് അങ്ങനെ കേട്ടില്ല അങ്ങനെ തന്നെ എന്തുകൊണ്ടാണ് അതിന് ഉത്തരം പറയുന്നതാണ് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി ഞാനിവിടെ ഇരുന്ന് പത്തിരുപത് വർഷം പറഞ്ഞ കാര്യം മനസ്സിലാക്കി ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റ് ഉത്തരം പറഞ്ഞു സമാധിയെ ചിട്ടത്തെയും നശിപ്പിക്കുന്നതിന് വേണ്ടി അയാളെ ശ്രമിക്കുന്നില്ല എന്നുകൊണ്ട് ബാധിച്ചത് ശരിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യം ഇനി ഒന്നുകൂടെയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലതവണ ഞാൻ ആവർത്തിച്ചിട്ടുള്ളതാണ് ആ കറക്റ്റ് ആരാണ് കൃതകൃത്യനായി അയാൾക്ക് എന്താണ് ആധ്യാത്മികമായ ഒരു സാധനയും പുതുതായി ചെയ്യാനായി അവശേഷിക്കുകയില്ല ആ കറക്റ്റ് അയാൾ കൃതകൃത്യനായി കഴിഞ്ഞു മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തുടരുക എന്നുള്ളതേ ഉള്ളൂ പുതുതായി ഒരു എന്താണോ ഒരു കൃത്യം ഏറ്റെടുത്ത് ചെയ്യേണ്ട ഇതാണ് ഇതിൽ പ്രധാനമായ വ്യത്യാസം കൃതകൃത്യനായ ഒരു മനുഷ്യന് പിന്നെ കർത്തവ്യങ്ങളൊന്നും ഇല്ല ഇവിടെ സുഗന്ധ്രം മർഷി കുറിച്ച് പറയുന്ന ഇങ്ങനെ എന്താണ് പുതിയൊരു കർത്തവ്യത്തെ ഏറ്റെടുക്കാൻ എന്താണ് സമാധാനം മറ്റേ അതിന്റെ ആവശ്യം നമ്മള് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ തുടർന്നു പോകാന്ന് പറയുന്നത് എന്താണ് ഒരു കർത്തവ്യമല്ല അതിനു ഭാഷകാരൻ പറയുന്ന എന്താണ് പ്രാരംഭ പ്രാരബ്ധം അതങ്ങനെ തുടരുന്നു പുതുതായ ഒരു കർത്തവ്യ ഏറ്റെടുത്ത് ചെയ്യാനുണ്ട് കാരണം അയാൾ എന്തു ചെയ്തു അയാള് തത്വജ്ഞാനിയാണ് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അതൊക്കെ അസത്യമാണ് മരുമരുവിലെ ജലത്തെ വലിയ ഹോട്ട്സ്പോറുള്ള മോട്ടോർ വെച്ച് അടിച്ചു പറ്റിക്കാറെങ്കിൽ ശ്രമിക്കൂ അതാരും ശ്രമിക്കില്ല എന്തുകൊണ്ട് അത് അസത്യമാണ് അങ്ങനെ ഒന്നില്ല പിന്നെ അവിടെ ശ്രമമില്ല അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അവനെ വിളിക്കും മണ്ഡലത്തെ വിളിക്കും ഇത് പാക്ഷികാരന്റെ കാഴ്ചപ്പാടാണ് ഞാനിത് ഓരോരുത്തരുടെ വ്യാഖ്യാനം പറയുന്നത് എന്റെ വ്യാഖ്യാനമല്ല പക്ഷെ ഇവിടെ അങ്ങനെ ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് പാക്ഷികാരൻ യോഗത്തെ കൂട്ടുപിടിക്കാത്തത് എന്താണ് ഈ വ്യത്യാസം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കും പ്രാരബ്ധമായ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ശീലമനുസരിച്ച് അതിലൂടെ പറയും അത് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും മരണം വരെ സംഭവിക്കും ദുശീലങ്ങളൊക്കെ നേരത്തെ കളഞ്ഞു സംഭവിക്കില്ല എന്നാൽ കൃതകൃത്യനും നേരൊന്നും കർമ്മം ചെയ്യും എന്നുള്ളതാണ് ഇവിടെ അങ്ങനെയല്ല ഇത് രണ്ടും വ്യക്തമായി മനസ്സിലാക്കില്ല എന്നുള്ള വലിയ ആശയക്കുഴപ്പാണ് ഇവിടെ ഇത് ഉപദേശിക്കുന്ന ഗുരു ആരാണ് ആരാണ് ഒരു പുരോഹിതനാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അവിടെ തന്നെ ഭാഷ്യം പോയി നിരന്തരം എന്താണ് പൗരോഹിത്യ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഇവിടെ ഉപദേശിക്കുന്നതല്ല അവിടെ കർമ്മത്തെ സാധൂകരിക്കുകയാണ് എന്തുകൊണ്ട് ഗൃഹസ്ഥനാണ് കർമ്മം ചെയ്തേ പറ്റുള്ളൂ അപ്പോ ശങ്കരായർ പറഞ്ഞ എന്താണ് ആ സർവസന്ധ സന്യാസം എന്ന് പറയുന്നത് ഇവിടെ കുറഞ്ഞത് ഈ ഭാഗത്തേക്കും ഇങ്ങോട്ട് വരുന്ന ചില മാറ്റങ്ങളോട്ട് പറയും എങ്കിലും എന്താണ് നമ്മുടെ വേദാന്ത ദേശീയ പറയുമ്പോൾ തൃണായകല്യതയിൽ പുല്ലിന്റെ വലവനം കൽപ്പിക്കുന്നു ഉപദേശിക്കുന്നതും പുരോഹിതൻ കേൾക്കുന്നവനെ എന്താക്കാൻ വേണ്ടി ഇവൻ കേൾക്കുന്നു ഗ്രഹസ്ഥനാകണം വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെ ചർച്ച ചെയ്യുന്നത് ഇതെല്ലാം കൂടിയിട്ട് പൂക്കിക്കൊളിക്കരുത് ആശയക്കുഴപ്പം വരുന്നത് രണ്ടു രണ്ടു വഴിയാണ് അപ്പൊ ഇവിടെ കൃത്യമായി പറയുന്നു യത് സത്യം തദ്വാക് സത്യം എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് എങ്ങനെ ഇവിടുത്തെ ആകാശത്തു നിന്ന് പൊട്ടിയതല്ല ചിരം പ്രമീച്ചറിഞ്ഞു വളരെ കാലം വിചാരം ചെയ്തു സുഖബ്രഹ്മക്ഷിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ജ്ഞാനിയല്ലേ പിതാവ് അപ്പം വിചാരം ചെയ്യുന്നതിനുള്ള എല്ലാ ഇനിയൊരു ഗുരുവിന്റെ ആവശ്യമൊന്നുമില്ല സത്യം അറിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഗ്രന്ഥകാലം എന്ത് ചെയ്യുന്നു ഒരാണ്ടടുത്ത് കൊണ്ടുപോകും ഇവിടെ രാമനത്തിന് എന്ത് ചെയ്യുന്നു പുരോഹിതനെ കൊണ്ട് നിരവിൽപ്പ സമാധിയെ ഉപദേശിക്കും ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഇത് എല്ലാം കൂടെ കേൾക്കുന്ന ഒരാവെ ആശയക്കുഴപ്പത്തിലാവും ഇത് വേട് തിരിച്ചറിയാൻ കഴിയില്ല അത് വരരുത് അതുകൊണ്ടാണ് ഈ രണ്ടും കൂടെ ചേർത്ത് പറയുന്നത് രണ്ടും നമ്മുടെ വ്യത്യാസം